ി വാടക വീട്ടിലെ നിലക്കണ്ണാടി നഗരം പൊന്നൻ പങ്കെടുക്കുന്നവർ എം തങ്കമണി സി ജയലക്ഷ്മി എം എൻ സെൽവരാജ് മജോറപ്പായി വർഷാ കണ്ണൻ എം കെ കൃഷ്ണൻപൂറ്റി വിധുപ്രിയ അനുവിന്ദൻ ുണരിനുള്ളിലാത്മശക്തി പ്രണയമഴും സഹജാതരെ ത്വരിപ്പിൻ രണപടഹമടിച്ചു ജാതിരക്ഷ സണവരിടങ്ങളിലൊക്കെ എത്തിനേർപ്പിൻ കരനഖ നിരകൊണ്ടു കൂരിരുട്ടാം കരിയുടെ കുംഭമുടച്ചു ചോരതൂവി നിങ്ങളോടി ഹരി ഉര ചെയ്വതു ഹട്ടുകൊൾവിൻ ബാക്കി ഞാൻ ചെല്ലട്ടെ അച്ഛമ്മേ ഏ പഠിച്ചോ ഇത്ര വേഗം മോളെ ഉം നെടിയൊരിരുൾ തുലഞ്ഞു രാത്രിയോടും കൊടിയ പിശാച്ചുകൾ കോടി പോയി മറഞ്ഞു മുടിവിനു നിഴൽ കണ്ടു മൂല തോറും കുടികളിൽ നിൽപിതു ഘോരഭൂതമേകം ഉണരി വിളിക്കണ്ടേട്ടോ തീർന്നു ഇനി ഒരക്ഷരം എന്റെ സമ്മതിക്കില്ല ഓഹോ ഇവിടെ വന്നിരിക്കുന്നോ നീനു നിനക്ക് നാളെ കഴിഞ്ഞല്ലേ എക്സാം വലിയ പഠിപ്പിസ്റ്റ് ആണെന്നും പറഞ്ഞ് ട്യൂഷനോ പോണില്ല ക്ലാസ്സിലെടുക്കുന്നതെങ്കിലും ഇടയ്ക്ക് നിവൃത്തി നോക്കിയാലല്ലേ നാല് മാർക്ക് വാങ്ങാൻ പറ്റൂ അതിന് നീനു ഓളെ ക്ലാസ്സിൽ ഫസ്റ്റ് ആണല്ലോ വാസന്തി പിന്നെന്താ ഹോ ഇനിയിപ്പൊ അച്ചമ്മയുടെ സർട്ടിഫിക്കറ്റ് കൂടി കിട്ടിയ സ്ഥിതിക്ക് ലോകം തിരിച്ചു വെക്കാലോ രാവിലെ മുതലിരുന്ന് പഠിക്കുന്നതല്ലേ അമ്മേ ഒരു റെസ്റ്റ് വേണ്ടേ പിന്നെ പഠിക്കുന്ന കുട്ടികൾക്കല്ലേ റെസ്റ്റ് ഇതേ സിംഹനാഥം എന്ന കവിതയാള് പഠിക്കേണ്ടതാ ആശാന്റെ ഏതാശാന് കുമാരനാശാൻ അങ്ങനെ ഒരാളുണ്ടായിരുന്നു കേരളത്തില് കുറെ കാലം മുമ്പാദേ ഒറ്റ വീക്ക് വെച്ച് തന്നാലുണ്ടല്ലോ ആശാന്റെ ആയാലും സ്കൂൾ പഠനം കഴിഞ്ഞിട്ട് മതി കവിതയും കഥയൊക്കെ എന്ത് വിവരക്കേടാണീ പറയണത് വാസന്തി പഠിക്കുന്ന കുട്ടികളുടെ പഠനം മെച്ചപ്പെടണമെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ വേണം സിലബസ് ഇന്നല്ല ജീവിതത്തിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതും ഏട്ടന്റെ അമ്മ തന്നെയാ കുട്ടികൾക്ക് എങ്ങനെ വളം വെച്ച് കൊടുക്കണത് റിട്ടയർഡ് ഹെഡ്മിസ്റ്റർസ് അല്ലേ പഠിപ്പിച്ചോ ഒടുവിൽ മാർക്കാലം കുറഞ്ഞ പുതിയ സ്കൂളിൽ അഡ്മിഷൻ കിട്ടാതെ വന്ന ആരും പഴി പറഞ്ഞേക്കരുത് വളർത്തുദോഷാണ് അമ്മ എന്തിനാ ഒച്ച വെക്കണത് അതൊക്കെ പറഞ്ഞ പോരെ ഇത്ര ഡെസിബിലിൽ കൂടുതൽ ശബ്ദം കേട്ടാലേ കേൾക്കുന്നവർ രോഗികളാവുന്ന സയൻസ് ഓ ഒരു സയൻറ്റിസ്റ്റ് പഠിച്ചു പഠിച്ചു തികഞ്ഞിരിക്കല്ലേ റിസൾട്ട് വരുമ്പോഴും കാണണം ഈ വീറും വാശിയും എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട മോള് വിഷമിക്കണ്ട അമ്മ എന്താന്ന് വെച്ചാ പറഞ്ഞോട്ടെ റിസൾട്ട് വരുമ്പോ എല്ലാരും ഞെട്ടിക്കണം അതൊറപ്പല്ലേ അച്ചമ്മേ അമ്മക്കേ ഈ പത്താം ക്ലാസ്സും ഗുസ്തിയും കൊണ്ടുള്ള കോംപ്ലെക്സാ നമുക്ക് തുടങ്ങാം ഇന്ന് ഇനി ഇത്ര മതി മോളെ അച്ഛമ്മ ക്ഷീണം ഒന്ന് കിടക്കണം എന്താ വായികണേ അച്ഛൻ ഇന്ന് എൽദോ അങ്കലിന്റെ വീട്ടിൽ കേറിക്കാണും എൽദോങ്കിള് പിടികൂടിയാ ചുരുങ്ങിയത് നാലു മണിക്കൂറെങ്കിലും പോക്ക ആ മേഴ്സിയാൻ്റെ ആണേല് സംസാരിച്ചു തുടങ്ങിയ പിന്നെ ഫുൾ സ്റ്റോപ്പിന്റെ കാര്യം തന്നെ മറന്നുപോകും ഓ അവരൊക്കെ നഗരവാസികളല്ലേ മോളെ ഒരുപാട് വിശേഷങ്ങളുണ്ടാവില്ലേ പറയാൻ എക്സാം കഴിഞ്ഞ നഗരത്തിൽ പോയി പഠിക്കേണ്ടി വരുന്ന ഇന്നലെ അമ്മ പറഞ്ഞു നേരാണോ അച്ഛമ്മേ നമ്മൾ ടൗണിലേക്ക് താമസം മാറ്റോ ഏയ് നഗരം നമുക്ക് പറ്റുവോ കുട്ടിയെ ഈ ഗ്രാമത്തിന്റെ ശാന്തതയും സ്വസ്ഥതയും ഒന്നും ഇല്ല നഗരം തിരക്കിന്റെ നാടാ അങ്ങോട്ട് താമസം മാറ്റിയ ഒന്നിനും സമയം കിട്ടൂല്ല എനിക്കിഷ്ടമല്ല പക്ഷേ അച്ഛനും അമ്മയും പറയണത് ഇനിയുള്ള കാലം ഈ ഗ്രാമത്തേക്കിടന്ന് കഷ്ടപ്പെടാൻ പാടില്ല നിങ്ങൾ വളർന്നു വരുമ്പോ നഗരത്തിലെ ആളുകളെ പോലെ അഡ്വാൻസ്ഡ് ആകണമെന്നൊക്കെയാ അതൊക്കെ വിട്ടിത്തങ്ങള് തിരിഞ്ഞു നോക്കാതെയുള്ള യാത്രയില് എവിടെയാ കുട്ടി സുഖം ഇനിയിപ്പോ ഒന്ന് നിന്ന് തിരിഞ്ഞു നോക്കിന്നെ വെക്ക അപ്പറിയാം അന്തം വിട്ട് ജീവിച്ചു തീർത്തത് എത്ര വിലപ്പെട്ട നേരങ്ങളായിരുന്നു അതൊന്നും നേരം വണ്ണം കുറ്റബോധം തോന്നും നഗരവാസികൾക്ക് പിന്നീട് പക്ഷേ നവിക്ക് ടൗണാ ഇഷ്ടം കഴിഞ്ഞ ദിവസം ടി വിയിലൊരു കച്ചേരി കാണായിരുന്നു അച്ഛൻ അച്ഛന്റെ ക്ലാസ്മേറ്റായിരുന്ന ഒരു ആണ്ടിയാ പാടിയിരുന്നത് അത് കണ്ടിട്ട് നവി പറയാ അച്ഛനൊട്ടും ഫാഷണബിൾ അല്ലെന്ന് ഇക്കാലത്ത് ആരെങ്കിലും കച്ചേരി കേൾക്കുമെന്ന് അപ്പൊ ഞാൻ ചോദിച്ചു നിനക്ക് പിന്നെ എന്താടാ ഇഷ്ടന്ന് മുട്ടേന്ന് വിരിയാത്ത ആ ചെക്കം പറയാ ഫ്യൂഷനാണെന്ന് എല്ലാം ഫ്യൂഷനാ ആരോഗ്യമുള്ളത് വരെ അത് കഴിഞ്ഞാ പിന്നെ മൊത്തം കൺഫ്യൂഷനാകും അത്രേയുള്ളൂ പക്ഷേ ടൗണിൽ പോണോന്നറിഞ്ഞപ്പ മുതല് ചെറുക്കന് വിവരോഷി എന്താടി എന്നെ പറ്റിയൊരു കുറ്റം പറിച്ചത് ഓഹ് എത്തിയോ എന്റെ അനിയൻ അല്ല ട്യൂഷൻ കഴിഞ്ഞു എത്ര വേഗം അതോ ഇന്നും വയറുവേദന ആയിരുന്നു ട്യൂഷൻ മാഷ്ക വയറുവേദന മൂപ്പർക്ക് മൂളക്കുരുവിന്റെ അസുഖം ഉണ്ടെന്ന അഭിപ്രായം വേണ്ട വേണ്ടാ ഗുരുക്കന്മാരെ നിന്ദിച്ചു പറഞ്ഞൂടാ നവീൻ അല്ല ചമ്മേ ചേച്ചി എന്നെപ്പറ്റി എന്താ കുറ്റം പറഞ്ഞത് ആരു പറഞ്ഞു നിന്നെപ്പറ്റിയാണെന്ന് അല്ലേ അപ്പൊ ഇവള് വിവരദോഷിന്നു പറഞ്ഞൂല്ലോ കണ്ടോ കണ്ടോ അപ്പവനെ കുറച്ച് വിവരം വെച്ച് തുടങ്ങിട്ടുണ്ടെന്ന് അർത്ഥം നീ പോടി ഏ വേണ്ടോ നവീൻ ചേച്ചിയെ എടീ പോടിന്നൊന്നും വിളിച്ചു കൂടാ എന്നെ പറയണതോ നിനക്ക് നഗരം ഇഷ്ടാണെന്നാ അവള് പറഞ്ഞത് ആ എനിക്കിഷ്ടാ ഇവിടെ ഒരു രസോല്ല്യ കൊറേ ഇട വഴിയും തോടും ആടും ചാണകം നഗരത്തിൽ എന്ത് നീറ്റ്നെ ആണെന്നറിയോ എത്ര വല്യ വീടുകള പിള്ളേരൊക്കെ ടിപ് ടോപ്പാ ടി വിയിൽ പരസ്യം ഒന്നും കാണുന്നില്ലേ അച്ചമ്മ പിന്നെ ജനിക്കാച്ചിൽ ജനിക്കണം അന്തസ്സായിട്ട് കണ്ടോ വിവരക്കേട് പറയണോ പിന്നെ ഇവനെ അല്ല ഇതണ്ടാ മോന്റെ തലമുടി ഇന്ന് ഇങ്ങനെ അടുത്തോട്ടും വലത്തോട്ടും പരത്തി വയ്ക്കുന്ന കാലം കഴിഞ്ഞു മുള്ളമ്പന്നിക്ക് കറണ്ടടിച്ച പോലെ എനിക്കിത് കാണുമ്പോ ചില പൂച്ചകളെ ഓർമ്മ വരണേ കളിയാക്കി പറഞ്ഞതല്ല കുട്ടിയേ പൂച്ചകൾക്ക് ദേഷ്യം വന്നാലും ഭയം വന്നാലും ും ഇവനും അല്ലടാ അപ്പോ ഇവന്റെ രോമം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ചേച്ചിയാണെന്നുള്ള അഹങ്കാരം ആയിരിക്കും ഞാൻ ബഹളം നീ എന്താടി അവന്റെ മെക്കിട്ട് കേറുന്നേ വാടാ വന്നുപോയാ ചെല്ല് ചെല് ചെന്ന് വിഴുങ്ങ് നീ പോടി അവൻ കുഞ്ഞല്ലേ മോളെ ഒരു മൂന്നാം ക്ലാസ്സുകാരന്റെ പറച്ചിലാണോ അവന്റെ വായി വരുന്നേ അവനെ പുതിയ തലമുറ ഓ ന്യൂജ അല്ല എനിക്കും രണ്ടും കൂടീനു തമ്മി തല്ലിക്കോ ഡൈനിങ് ടേബിളിലും ശ്രമിക്കാം നിഷേധി തരം കൂടുന്നുണ്ട് പെണ്ണിനെ ആ ഏട്ടന്റെ അമ്മ ഇങ്ങനെ ബ്ലൈൻഡായിട്ട് അവളെ സപ്പോർട്ട് ചെയ്യരുത് അന്യ വീട്ടിൽ ചെന്ന് കയറണ്ട പെണ്ണാ അതിനവളൊന്ന് വളർന്നോട്ടെ എന്റെ വാസന്തി വളർന്നോട്ടെ പക്ഷെ പടവലങ്കേടെ വളർച്ചയായാൽ എന്തു ചെയ്യും പെൺകുട്ടികൾക്കേ സ്വന്തം വീട്ടിലെ അല്പം സ്വാതന്ത്ര്യം കിട്ടൂ അതും കുട്ടികളായിരിക്കുമ്പോ മാത്രം അതിരിക്കട്ടെ നമ്മൾ ഇവിടം വിട്ടു മറ്റോ വാസന്തി സൂചിപ്പിച്ചു കുട്ടികൾ കുട്ടികളുടെ പഠിത്തൊന്നും നേരെയാക്കണ്ടേ നമ്മള് കണ്ട ലോകൊന്നും അല്ല ഏട്ടൻറെ അമ്മ ഇനിയുള്ള കാലം ം പോവും പറഞ്ഞു ഏട്ടനും അതാ താല്പര്യം ഗ്രാമത്തെ കിടന്ന് നശിച്ച പോലെ കുട്ടികളെ നശിപ്പിക്കാൻ വയ്യാന്ന് ലോകം കാണട്ടെന്ന് അവൻ അങ്ങനെ പറഞ്ഞു അല്ലേ ഏട്ടൻറെ അമ്മയെ പറഞ്ഞു സമ്മതിപ്പിക്കാത്തതിന് എന്നോട ദേഷ്യം ഓഹോ ഒരു ഫ്ളാറ്റും കണ്ടുവച്ചിട്ടുണ്ടത്രേ ഹരിയേട്ടൻ നന്നായി വാങ്ങാനല്ലോ വാടകക്ക ഇപ്പോ ആരോ വെക്കേഷൻ ആകുമ്പോ അവരൊഴിയും അപ്പൊ കയറി കൂടണന്നാ ഏട്ടന് അപ്പോ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞൂല്ലേ എന്നല്ല ഏട്ടൻറെ അമ്മ കൂടി സമ്മതിച്ച കുട്ടികളുടെ ഭാവി നന്നാകും ടൗൺ ആകുമ്പോ എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ ആശുപത്രി അടക്കം അതിനാർക്കസുഖള്ളത് കഴിയുന്നതും ആശുപത്രി പോകരുതെന്നല്ലേ മനുഷ്യരാഗ്രഹിക്കൂ അല്ല പ്രായാവുമ്പോ ഓ ദീർഘവീക്ഷണം എന്നാ കേട്ടോളൂ ഹരി വരുമ്പോൾ അവനോടും പറഞ്ഞോളൂ ഹരിയും വാസന്തിയും കുട്ടികളും എങ്ങോട് പോണേലും എനിക്കൊരു വിരോധമില്ല പക്ഷേ ഞാൻ ഈ ഗ്രാമം വിട്ട് എങ്ങോട്ടുമില്ല തീർച്ച ഏട്ടൻ അമ്മേ ഹലോ നൈസ് വാസന്തി ആരാ വന്നിരിക്കുന്ന വാസന്തി ഞാനെത്തി നിന്നെ ആർക്ക് വേണം കൂടെ വന്നിരിക്കുന്ന നിന്റെ ഈ ഭാര്യ ഈ മേഴ്സിക്കുട്ടി ഇവളെ എന്റെ ആത്മസുഹൃത്ത് മിസ്റ്റർ എൽദോയുടെ ഭാര്യയ ഞങ്ങൾക്ക് ഈ ഫ്ളാറ്റ് എടുത്ത് സാക്ഷാൽ എൽദോയുടെ നല്ല പാതി ഞങ്ങളുടെ ചീഫ് ഗസ്റ്റ് വാ മേഴ്സി വാ വാസന്തി തിരക്കിലാവും ഏ അമ്മ ഇത്ര ഇടഞ്ഞിരിക്ക രണ്ടു ദിവസമായി അതിന്റെ മൂടിലാ കക്ഷി അതങ്ങനെ ആയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളു ഗ്രാമത്തിൽ നഗരത്തിലേക്ക് പറിച്ചു നട്ടതല്ലേ വേരുകൾ പൊട്ടിപ്പോയതിന്റെ വേദന കാണില്ലേ ഓഹ് ഒന്നും പറയണ്ട എന്തൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ചാ ഇവിടെ ഒന്ന് എത്തിച്ചേന്നറിയോ പക്ഷെ പാവം കൂട്ടിലിട്ട പക്ഷിയെ പോലെയായി അമ്മ ആ അതൊക്കെ പറയാത്ര എങ്ങനെയുണ്ടായിരുന്നു നല്ല ദൂരണ്ടിങ്ങോട്ട് ഞാനിവനോട് പറഞ്ഞതാ നിന്റെ താമസ സ്ഥലത്തിനടുത്ത് മതി എനിക്കൊരു താവളം അന്വേഷിക്കാഞ്ഞിട്ടല്ലല്ലോടാ പറഞ്ഞു വെച്ചിരുന്നല്ലേ ഒരു ഫ്ളാറ്റ് തൊട്ടടുത്ത് തന്നെ പെട്ടെന്ന് എന്തോ ഒരു കുഴമച്ചില് അഡ്വാൻസ് കൊടുക്കാൻ ചെന്നപ്പോ അവര് വാങ്ങാൻ മടിച്ചപ്പോഴേ ഞാൻ ഡൌട്ടടിച്ചിരുന്നു ഹാ പറഞ്ഞിട്ട് എന്താ ഏതോ ഒരു വമ്പൻ വലവെച്ചു പിടിച്ചു കാണു പക്ഷെ ഇതാ നന്നായത് മോളുടെ സ്കൂളിനടുത്ത് തന്നെ കിട്ടിയില്ല ഇപ്പോ ആ അതാ ഒരാശ്വാസം അല്ല ഇതെന്താ ആരും ഇരിക്കാത്തത് ഇരിക്കുന്നേ മേഴ്സിക്കുട്ടി ഇന്നലെ എത്തുന്നാ കരുതിയേ വിളിച്ചിട്ട് ഫോണും എടുത്തില്ലോ ഒന്നും പറയണ്ട എന്റെ പെങ്ങളെ പെട്ടെന്ന് ഇവിടെ എന്നെ ഒന്ന് മോഹിപ്പിച്ചു ഒന്ന് ത്രില്ലടിപ്പിച്ചു പക്ഷെ യോഗ അതും പോയി ഒക്കെ തന്നൊരു സമയുണ്ട് അല്ലാതിപ്പോ അങ്ങനെ നിരാശപ്പെടാൻ വരട്ടെ യുടെ പരിചയത്തില് ഇവളുടെ വീടിനടുത്ത് ഒരു ലേഡി ഡോക്ടർ ഉണ്ട് ഈ വിഷയത്തിൽ എക്സ്പേർട്ട് നമുക്ക് അവരൊന്നു പോയി കാണാം കുട്ടികൾ ഉണ്ടാവില്ല എന്ന് തീർച്ചപ്പെടുത്തി മറ്റൊരു കുഞ്ഞിനെ ദത്തെടുത്തവർക്ക് വരെ അവരുടെ ട്രീറ്റ്മെന്റ് ഗുണം ചെയ്തിട്ടുണ്ട് കളിയല്ല നമുക്ക് അവരെയൊന്ന് കാണാം മേഴ്സിക്കുട്ടി ആരെ കണ്ടാലും കർത്താവ് വിചാരിക്കണം വേണ്ടേ ഭർത്താവും അതാണല്ലോ നല്ല ഭാര്യയുടെ ലക്ഷണം ഒക്കെ ശരിയാവുന്നേ ഞങ്ങൾ തന്നെ ടൗണിലെത്താൻ എത്ര ബുദ്ധിമുട്ടി ഇപ്പൊ നടന്നില്ലേ അല്ല ദാ. ഇതവർക്ക് കുറച്ച് സ്വീറ്റ്സാ രണ്ടും നല്ല ഉറക്ക ഇന്നലെയും ഇനി യാത്രയും അടുക്കിപ്പെറിക്കലും അല്ലേ ഉച്ചയോണ് കഴിഞ്ഞപ്പം ഏട്ടൻറെമ്മയുടെ മുറി കിടന്നുറങ്ങി ആ ഹരിയേട്ടാ ഏട്ടൻറെമ്മ ഉച്ചുണ്ടിട്ടില്ലാട്ടോ കാര്യായിട്ടൊന്നു ശകാരിച്ചില്ലേ പ്രശ്നാവു ഞാൻ പറഞ്ഞില്ലാന്നു വേണ്ട ആണോ ഓക്കേ Ah, mercy. You're talking to me. Hello? I'm going to talk to you with my mom. Come on. Come on. I'm going to talk to you with your friends. I'm going to talk to you with your friends. OK. I'm going to talk to you. I'm going to talk to you. I'm going to talk to you. Oh, right. അമ്മ എന്താണീ കാണിക്കുന്നത് അതൊക്കെ എന്താ എടുത്താലേ ഞാൻ കൊച്ചുട്ടിയൊന്നും അല്ല ഒരു ചെറിയ ടീപോയി ഒക്കെ എടുത്തു വെക്കാനും മാറ്റിയിടാനും ഒക്കെ ശേഷിയുണ്ട് എനിക്ക് അമ്മ അത് ശരിയാവില്ല അമ്മയാതവിടെ വെച്ചേ ഇത് കണ്ടോ എനിക്കിത് സാധിച്ചില്ലേ പിന്നെന്താ ഓ ഈ അമ്മയെ കൊണ്ട് തോറ്റു അല്ല അമ്മ ഉച്ചയൂണ് കഴിച്ചോ എനിക്ക് വിശക്കണില്ല ഹരി സത്യമായിട്ടില്ല മുറ്റത്തൊന്നും ഇറങ്ങി നടക്കാൻ പോലും പറ്റണില്ല ഇവിടെ പിന്നെ എങ്ങനെയാ ദഹനം നടക്കണേ അമ്മ ഈ ഗുളിക ഓ നാട്ടീന്ന് നഗരത്തിലേക്ക് ചേക്കേറിയതിന്റെ മനോവിഷമം കൊണ്ടാ വന്നുതന്നെ എനിക്ക് ഈ തലകുറക്കവും ഛർദിയൊക്കെ ഉണ്ടായത് തറവാട് വിട്ടു പോന്നപ്പോ ദുഃഖം താങ്ങാനാവാതെ കൊറേ കറിഞ്ഞതിന്റെയും പ്രശ്നം കാണും അല്ലാതെ എനിക്കിപ്പെന്താ അസുഖം നീ നിർബന്ധിച്ച് പറഞ്ഞതുകൊണ്ടാ ഞാൻ ആ ഡോക്ടറെ കാണാൻ വന്നതു തന്നെ അതും നിന്റെ ഫ്രണ്ട് ആണല്ലോന്ന് വെച്ച് എന്നോടുള്ള ആദരവ് കൊണ്ടാവും പയ്യനാണേളുളിക മുഴുവൻ തന്നയക്കുകയും ചെയ്തു ഓ അത് കഴിച്ചാ വയറും അറിയും അമ്മ എന്ത് പറഞ്ഞാലും ശെരി പട്ടിണി ഇരുന്നാ ശെരി ആവില്ല ഇത്രയും ഗുളിക കഴിക്കാനുള്ളതാ അമ്മ വന്നേ ഒരു രണ്ടു പിടിച്ചോറുണ് എനിക്ക് വേണ്ട ഹാരി എനിക്ക് ഇപ്പൊ ഒരു അസുഖവും ഇല്ലല്ലോ പിന്നെ എന്തിനാ എന്നെ ഇത് തീറ്റിക്കണേ തറക്കിക്കണ്ടാട്ടോ അമ്മ ഈ ഗുളിക കഴിച്ചേ പറ്റൂ അത് കഴിക്കണമെങ്കിൽ ആഹാരം കഴിക്കണം വന്നേ ഇവിടെ വേണ്ട ഹരി മോനെ അത് രോഗലക്ഷണ ഓ എത്തിയോ ഉപദേശിയും പരദേശിയും ഒക്കെ ഇവനെ ദേ എന്നെ വന്നാന്ന് മുതലേ ഒരു രോഗിയാക്കാൻ തുടങ്ങിയിരിക്ക അമ്മയുടെ കൂടെ ഓരോരുള്ള ചോറ് തിന്നിട്ടേ ഞാനിന്ന് പോകുന്നുള്ളൂ ഞാൻ മാത്രമല്ല എന്റെ ഏക ഭാര്യ മേഴ്സിക്കുട്ടിയും വന്നിട്ടുണ്ട് ആഹാ നിറ്റവിടെ അമ്മ വന്ന് ചോറുണ് ഞാൻ അവളെ കൊണ്ട് വിളമ്പിത്തരിക്കാം എന്നാ സ്വാദാണെന്നറിയോ കൈപ്പുണ്യമാ കൈപ്പുണ്യം ശരി എന്നാ മോനെ ചോറ് പക്ഷേ ഈ ഗുളിക എനിക്ക് വേണ്ട പോവാ അമ്മ വന്നേ അമ്മ ഇന്നീ ഗുളികകൾ മുഴുവൻ കഴിച്ചില്ലേല് ഞാനും പട്ടിണി അടക്കാൻ പോവാ എന്താ അത് എന്നെ ഇപ്പൊരു രോഗിയാക്കുവല്ലേ നിങ്ങളെല്ലാവരും കൂടി ഹരിയുടെ ഓഫീസറാ ഹരി തമ്പുരാൻസാർ വിളിക്ക ഹരിയേട്ടൻ അത്യാവശ്യമായിട്ട് മോളുടെ സ്കൂൾ വരെ പോയിരിക്കും അതുകൊണ്ടാ ലീവ് എടുക്കാതെ അത് സാരമില്ല കുഴപ്പമില്ല ഞാൻ വന്നത് ലീവിന്റെ കാര്യം പറയാനല്ല ഇത് എവിടെ തരാൻ വേണ്ടിയാ എന്താ ഒരു താക്കോല് ദാ ആ ടെമ്പോ വാനിരിക്കുന്ന നിലക്കണ്ണാടി കണ്ടു അത് ഉറപ്പിച്ചിരിക്കുന്നത് ഒരു ചെറിയ മേശമ്മല അതിന്റെ ഷെൽഫിന്റെ താക്കോലായത് ഇപ്പൊ മനസ്സിലായോ ആ സാറ കേരിക്കേ ഇരിക്കുമ്പ് എന്നോടൊപ്പം വന്നിരിക്കുന്നവരോട് ഒന്ന് പറഞ്ഞോട്ടെ സ്റ്റീഫ മുരളേ ഓ ഇങ്ങോട്ട് ഇറക്കി വെക്കൂ എടോ തോമസേ താൻ ഡ്രൈവറാണെന്ന് കരുതി ഇവരെ ഒന്ന് സഹായിക്കുന്നത് തെറ്റില്ല അതൊന്നിറക്കി വയ്ക്കും ഇനി നോക്കിയിരിക്കാം കുടിക്കാൻ എന്താ എടുക്കണ്ടേ ഞാൻ ചായയോ കാപ്പിയോ കഴിക്കാറില്ല കുറച്ചു നാളായിട്ട് പാലും നിർത്തി നാരങ്ങയുണ്ടോ ഇത്തിരി വെള്ളം കുടിക്കാം അവനെ എനിക്ക് മധുരം വേണ്ടാട്ടോ സംഭരായാലോ എന്നാ നന്നായി ീ കൊറച്ചാദ്യം എടുത്തോളൂ ഹരിയുടെ ഓഫീസറല്ലേ പ്രായം കൊണ്ടും പദവി കൊണ്ടും അതെ പക്ഷേ മനസ്സുകൊണ്ട് എന്റെ വലിയ ചങ്ങാതിയ ഹരി ഹരിയുടെ അമ്മയല്ലേ അതെ ചോദിച്ചെന്നേളു ചായകൃത്യ എന്റെ പേര് തമ്പുരാൻ ലോകർ മുഴുവൻ തമ്പുരാൻ എന്ന് മകനെ വിളിച്ചോട്ടെ എന്ന് കരുതി കാരണവന്മാരിറ്റതാവും ഏതായാലും എനിക്കവരെ കണ്ട ഓർമ്മയില്ല ഞാൻ ജനിച്ച് ഒരു വർഷം തേണ്ട മുമ്പ് അവര് മരിച്ചു ഒരാക്സിഡന്റില് അങ്ങനെ അനാഥനായിട്ടും പലരുടെയും സഹായം കൊണ്ടായാലും തമ്പുരാനായിട്ട് തന്നെ വളർന്നു യഥാസമയം പഠിച്ചു ജോലിയായി പെണ്ണുകെട്ടി ഒരു കുട്ടിയുണ്ടായി പക്ഷേ അനുഭവിക്കാൻ യോഗമുണ്ടായില്ല ഒരു ബോട്ടപകടത്തിൽ അവളും കുട്ടി പോയി അങ്ങനെയിരിക്കുമ്പോഴാ ഒരു ലോട്ടറി അടിച്ചത് ഒരു കോടി രൂപ എല്ലാവരും ഭാഗ്യവാനായ തമ്പുരാൻ എന്നും പറഞ്ഞു ഒര നിർത്തനരെ കണ്ടെത്തി ആ തുക വീതിച്ചു കൊടുത്തപ്പോഴാ ഒരു സമാധാനായി ായി പക്ഷേ വാടകമുറിയിൽ എത്ര കാലം ഒതുങ്ങാൻ പറ്റും അതുകൊണ്ട് ഒരു ദേശാരന ആയാലോ എന്ന് ചിന്തിച്ചു ഹരിയായിട്ടായോ കാര്യങ്ങൾ ചിന്തിക്കുകയും പറയുകയും ചെയ്യാറുള്ളത് മറ്റൊരു കൂട്ടിയില്ലെനിക്ക് ഹരി എതിർത്ത് പറഞ്ഞെങ്കിലും ഞാൻ യാത്ര എങ്ങോട്ട് ഫിക്സ് ചെയ്തു നാളെ കഴിഞ്ഞ് ഞാൻ വിളം വിടുക എങ്ങട എങ്ങില്ല എങ്ങട്ടും പോവാലോ കിടക്കല്ലേ ലോകം അങ്ങനെ പരന്നും ഉരുണ്ടും ഒക്കെ ഒരു ദുഃഖം തന്നെയാ അപ്പോ മുറിയോ അത് അതിലും കഷ്ട ചുറ്റും ചുമര് താളയും മുകളിലും തടസ്സവും ശ്വാസം മുട്ടും ചിലപ്പോ പിന്നെ വാഹക മുറി ആവുമ്പോ ഒരാശ്വാസമുണ്ട് എപ്പ വേണമെങ്കിലും ഒഴിയാം എനിക്കാകെ ഉള്ളൊരു കൂട്ട് അവിടെ ഇതാ ഈ ഒഴിഞ്ഞു പോകുമ്പോ ഇതൊരു ഭാര്യ ആർക്കെങ്കിലും കൊടുക്കാന്ന് വെച്ചാല് എന്റെ ഭാര്യയുടെ വീട്ടുകാർ കൊണ്ടുത്തന്ന സ്വത്ത അന്നിതൊരു രാജകീയ സമ്മാനായിരുന്നു ഇപ്പോഴും കണ്ടാല് ഏതോ കൊട്ടാരത്തിലെ നിലക്കണ്ണാടി പോലെ ഉണ്ട് പക്ഷേ ഇപ്പൊ ഇത് വാടക വീട്ടിലെ നിലക്കന്നാടിയാ ഒന്ന് മുഖം നോക്കൂ അപ്പറിയാം അവന്റെ പവറ് എന്ത് തെളിച്ചാണറിയൂ ഏത് ഇരുട്ടിലും മുഖം അങ്ങട്ട് വെട്ടിത്തെളിയും മനസ്സു പോലെ അവളും മോളും പോയെങ്കിലും ഞാൻ അവരെയൊക്കെ ഇതിലങ്ങട്ട് തെളിഞ്ഞു കാണും എന്നിട്ട് പുറ സംസാരിക്കും ഒറ്റപ്പെടലുകൊണ്ട് സഹിക്കാവാതിരിക്കാനുള്ള ചില ഗൂഢതന്ത്രങ്ങളാ ഹരിയുടെ അമ്മയ്ക്ക് എങ്ങനെയാ ഭർത്താവ് പോയതിനു ശേഷം ഒരു ശൂന്റ തോന്നിയിട്ടില്ല ഇല്ല ഇന്നവരെ തോന്നിയിട്ടില്ല ഇപ്പോഴും എപ്പോഴും അദ്ദേഹം ഉണ്ടെന്ന് മനസ്സിനെ പറഞ്ഞങ്ങോട് പഠിപ്പിച്ചു ഏതിരുട്ടിലും ഞാനും കാണാറുണ്ട് ആ മുഖം കണ്ണാടിയിലല്ലാട്ടോ എന്റെ ഈ കൈവെള്ളയിൽ എന്താ ചൂട് അല്ലേ അതെ ടീച്ചറായിരുന്നോർമ്മയുണ്ട് ടീച്ചർ അമ്മേ എന്നാ വിളിച്ചിരുന്നതെന്ന് പക്ഷെ എന്താ കാര്യം ഇത്രയൊക്കെ ആയിട്ടും നമുക്ക് പഠിക്കാൻ കിടക്കുക പാഠങ്ങളിനും പിന്നെ എങ്ങനെയാ ആളുകളെ പഠിപ്പിക്കുക സത്യം ഒരിക്കലും പഠിച്ചു തീരില്ല ലോകം മുഴുവൻ എന്തായാലും ഞാൻ ഈ നിലക്കണ്ണാടി ഹരിക്ക് സമ്മാനിക്കാൻ വന്നതാ ഇതിവിടെ ഇരുന്നോട്ടെ ഒന്നുമില്ലെങ്കില് ടീച്ചർക്കൊരു കൂട്ടാവും അതെ ഇനിയിപ്പോ കൈവെള്ളം നോക്കണ്ടല്ലോ വാസ്തവ എന്റെ ശൂന്യകൾ പരിഹരിച്ചിരുന്ന കണ്ണാടിയത് ഈ ഫ്ലാറ്റിലെത്തിയപ്പോഴാ ഞാനും ഒരു ശൂന്യത അറിഞ്ഞു സാറേ വിഷമിക്കണ്ട വാച്ചറോട് പറഞ്ഞിട്ട് ടീച്ചറ് റൂമിലേക്ക് ഇത് ഏൽപ്പിച്ചോളൂ ഈ കണ്ണാടിയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നാല് സകല ശൂന്യതകൾ പരിഹരിക്കപ്പെടും തീർച്ചയല്ലേ സംശയിക്കണ്ട ടീച്ചറമ്മേ കണ്ണാടികൾക്ക് സ്വന്തം നിഴലിനേക്കാൾ നമ്മളോട് സത്യസന്ധതയുണ്ട് കാരണം നിഴലുകൾ നേരെ നിന്ന് സത്യം പറയും തെളിമയോടെ പലർക്കും അനുഭവമാ എനിക്കെന്റെ ഗ്രാമം കളഞ്ഞു പോയില്ല ഈ ഫ്ളാറ്റിലെത്തിയപ്പോഴാ ഞാനും ഒരു ശൂന്യത അറിഞ്ഞു സാറേ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 ും എനിക്കെന്റെ ഗ്രാമം കളഞ്ഞു പോയില്ല ഓ എന്റെ മോളെ നീ അതിനെ ഒന്ന് നിലത്ത് വെക്കേ ഇത് കണ്ടോ ഹരിയേട്ട മേഴ്സിക്കുട്ടി ചെയ്ത ചതി ഇവൾക്കൊരു സമ്മാനം കൊടുത്തു വിട്ടിരിക്കുന്നു ഒരു പൂച്ചക്കുട്ടിയെ അല്ലെങ്കിൽ തന്നെ വായിക്കാനും പഠിക്കാനും സമയമില്ല അവൾക്ക് അതിനിടയില ഭാര്യം നിനുല്ലേ മോളെ അതിനെ ഇങ്ങനെ കരയിക്കാതെ വല്ലതും കൊടുത്തിട്ട് നീ ഇരുന്ന് പഠിക്കുമോളെ എപ്പ നോക്കിയാലും പഠിക്കേ പഠിക്കേ പഠിക്കേ ഞാൻ റാങ്ക് വാങ്ങിയല്ലേ പാസ്സായത് പിന്നെന്താ പക്ഷേ ഇനിയുള്ള പഠനത്തിന് കുറെ കൂടി ഗൗരവം വേണം ഞാൻ ഉറക്ക വായിക്കുന്നത്രയും ചേച്ചി വായിക്കാറില്ല അവള് ഞാനത് അമ്മയോട് പറയുന്നത് ഞാനും പതുക്കെ വായിച്ച് മാർക്ക് വാങ്ങിക്കോളാന്ന് അമ്മ സമ്മതിക്കണ്ടേ അയ്യടാ ഒരു പഠിപ്പിസ്റ്റ് വന്നിരിക്കുന്നു ചെന്ന് കിടന്നുറങ്ങട ചക്ക വെളുപ്പിനെ ഞാൻ വിളിച്ചണീപ്പിക്കും ഉറക്കെ വായിച്ചില്ലേല് എനിക്കറിയാം അല്ലമ്മേ എനിക്കൊരു സംശയം എന്താ നവീൻകുമാറിന്റെ സംശയം ചേച്ചി ഞാനും ഒരേ നക്ഷത്രത്തിലാ ജനിച്ചെന്നല്ലേ ചാ പറഞ്ഞേ അതേടാ നീയും അവളും തൃക്കേട്ടക്കാരാ ഉം അതല്ലമ്മേ എന്നിട്ട് എൻ്റെ ഒരു നല്ല സ്വഭാവം കിട്ടിയില്ലല്ലോ അതെ അവള് പെണ്ണല്ലേ മോനെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരേ സ്വഭാവം വന്നാ എന്തിനു കൊള്ളാമറ്റെ അല്ലേ വാസന്തി പക്ഷേ ഇവന്റെ ഒരു ചീത്ത സ്വഭാവവും അവൾക്ക് കിട്ടിയില്ലല്ലോന്ന എനിക്ക് ഒരേ ഒരു ആശ്വാസം ഹേ പൊന്നുമോൻ കേട്ടല്ലോ ഇനി പോയി കിടന്നുറങ്ങാൻ നോക്ക് പൊടാ സൽസ്വഭാവി നീ ബോടി അമ്മ ഇവൻ എവിടെ കൊള്ളുന്ന രണ്ടിനും അവളെ തൊട്ടുള്ള കളി വേണ്ടാട്ടോ അച്ഛൻ പറഞ്ഞുകൊണ്ട് നീ തൽക്കാലം രക്ഷപ്പെട്ടു കൂട്ടിക്കോടി കാന്താരി നീ പൊടച്ചെ നീ ബോടി നീ പോയില്ലടാ പോയ ആമ്മേ എന്ത് നീ ഒന്നിങ് വേഗം വന്നേ എന്താ ഏട്ടൻറെ അമ്മ ഞാൻ ഞാൻ ആ നിലക്കണ്ണാടിയിൽ നോക്കിട്ട് എന്നതിൽ കാണില്ല മാസന്ധിയേ എന്നെ അതില് കാണില്ല എന്നെ എന്നെ മാത്രല്ല ആ മുറി കണ്ണാടിയുടെ മുന്നിൽ വച്ചിരിക്കണ ഒന്നും അതില് കാണാനില്ല മക്കളെ രനായിങ്ങേനെ ജനിച്ചു ഭൂമിയിൽ നരകവാരി നടുവിൽ നരകത്തിൻ്റെ എന്നെ കരകേറ്റിടേണം തിരുവക്കംവാഴും ശിവശംഭോ ശിവശംഭോ ശംഭു ശിവശംഭോ ശംഭു ശിവശംഭു Shambho Shiva Shambho Shiva Shambho Shiva Shambho, Shiva Shambho, Shiva Shambho, Shiva Shambho, Shiva Shambho Shiva Shambho This number can't Shiva be reached Shiva right Shiva now. Please try later. നിങ്ങൾ വിളിക്കാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ പരിധിക്ക് പുറത്താണ്. ദയവായി অল্পസമയത്തിനു ശേഷം വിളിക്കുക. Uff ivrid evide poyirike amme vilichittum kittunnilla Enikku ariyilla Hari നീ ഓഫീസിൽ പോയതിന് പിറകെ മേഴ്സിക്കുട്ടി ഇവിടെ വന്നിരുന്നു രാവിലെ അവരോടൊപ്പം മക്കളെയും കൂട്ടി ഇറങ്ങിയതാവാസന്തി നഗരം കണ്ടു നടന്ന കുടുംബം മറക്കൊന്ന് പറയണത് എത്ര ശരിയാ ആണൊരിത്തൻ ഓഫീസ് വിട്ട് വരുമ്പോ വീട്ടിലാള് വേണമെന്ന് ചിന്തയില്ലാതായിലോ എവർക്ക് ഈശ്വരാ നിങ്ങൾ വിളിക്കാൻ ശ്രമിക്കുന്ന നീ പറഞ്ഞ പറഞ്ഞ അലേഷൻ കൂട്ടണ്ടാ മോനെ വരുന്നു വരുമ്പോ വരട്ടെ രാവിലെ മുതല് ഞാനീ തടവറയിലൊട്ട ആ ഒരു ഓർമ്മയില്ലാണ്ടല്ലേ അവള് എന്നാ അമ്മക്ക് പോകാ എന്തിനൊന്നും പുതുതായിട്ട് കാണാൻ പോയി നേരത്തെ കണ്ണൻ നടന്നു വർത്താനം കേൾക്കുമ്പോഴായി എനിക്കും എന്താടാ തടവി കിടക്കണതും പോരാ നാലക്ഷരം വാതുറന്ന് മിണ്ടാനും എനിക്ക് പാടില്ലേ എന്നാ അമ്മക്ക് പറഞ്ഞുകൂടായിരുന്നോ വേഗം അതാപ്പ നന്നായി ഞാൻ പറഞ്ഞാ കേക്കണൊരു വിത്ത് എന്താ ഇപ്പൊ ചെയ്യാ വിശക്കുണ്ടോ ടേബിളില് പാത്രത്തിൽ അടച്ച് എല്ലാം എടുത്തു വച്ചിട്ടുണ്ടല്ലോ എടുത്ത് കഴിച്ചൂടെ അവര് നീനുമോളയും കൂട്ടിയാ പോയേക്കണത് അതാ എനിക്കിത്ര ടെൻഷൻ ഇത് നഗരമാ അല്ല നഗരം നമുക്ക് വിശ്വസിക്കാവുന്നത് തന്നെയാ പക്ഷേ ായ നമുക്ക് സൂക്ഷ്മത കുറയും ആ വേഗത നമ്മളും പാലിക്കണം മനസ്സിലായോ ആത്മസുഹൃത്തിന്റെ വഞ്ചന പോലെ എന്ന് പറയടാ സ്നേഹിച്ചാൽ തരും പിണങ്ങിയാലോ ഏറ്റവും വലിയ ശത്രുവുമാകും പിണങ്ങാതെ നോക്കുന്നതിലാ നമ്മുടെ മിടുക്ക് പക്ഷേ കുട്ടികൾക്ക് അതിന് പാകതയുണ്ടാവില്ലേ കുട്ടികളെയും അതിനെന്താ കുട്ടികളും നഗരം നന്നായിട്ട് എൻജോയ് ചെയ്തല്ലോ മേഴ്സിക്കുട്ടിക്ക് ഇതുങ്ങളെ കിട്ടിയതോടെ സ്വർഗം കിട്ടിയ പോലെ എത്ര കാശാ ചെലവഴിച്ച് കാശ് അതൊക്കെ ഓ ഹരിയേട്ടൻ ആ കുഗ്രാമത്തേന്ന് പോന്നിട്ടും നഗരത്തിലേക്ക് എത്തിയില്ലേ ഇതുവരെ ഇവിടെ രാത്രിയും പകലും ഒന്നുമില്ല പക്ഷെ ജീവിതമുണ്ട് അതാണെങ്കി വളരെ കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് കുട്ടികളെങ്കിലും അതൊന്നാസ്വദിച്ചോട്ടെ നഗര ജീവിതം ജീവിതമല്ല വാസന്തി അതറിയണമെങ്കിൽ നമ്മൾ നഷ്ടപ്പെടുത്തിയ ഗ്രാമ സൗഭാഗ്യങ്ങളുടെ വിലയറിയണം ഓരോരുത്തർക്കും അവരവരുടെ ലോക വലുത് പ്രായവും എന്റെ കുട്ടികൾക്ക് ഇത്രയും ആഹ്ലാദുണ്ടായിട്ടില്ല ഇത്രയും ചിരിച്ചും സന്തോഷിച്ചും ഞാൻ അവരെ കണ്ടിട്ടില്ല എനിക്ക് അത് തന്നെയാ വലുത് ഇതെന്താ കയ്യിൽ പ്ലേ സ്റ്റേഷൻ കമ്പ്യൂട്ടർ മൊബൈൽ ഫോൺ ടാബ് സ്പീഡ് നഗരം നമ്മളെ ആക്രമിച്ചു തുടങ്ങി ഹരി ഹരിയേട്ടൻ എന്തു മിഴിച്ചു നിൽക്കണേ ഈ കോലാഹലങ്ങളൊന്നും പുതിയതല്ലല്ലോ ഏട്ടൻ നമ്മക്കേ എല്ലാവരും സംശയാ നിലക്കണ്ണാടിയെ പോലും വിശ്വാസല്ല എന്താ നഗരത്തിലും കുട്ടികളില്ലേ അവരും വളരുന്നില്ലേ ജീവിക്കുന്നില്ലേ കേട്ടൻറെ അമ്മക്ക് ഒരു തനം ചീപ്പ് കോംപ്ലക്സാ അതിനു മാറണെങ്കിൽ അയ്യോ എന്താ എന്താ മോനെ എന്താടാൻ ചേച്ചിക്ക് കൊടുത്ത ആ പൂച്ചക്കുട്ടിയില്ലേ അതാ നേരെ കണ്ണാടിയിൽ ചുറ്റി നടക്കുകയായിരുന്നു എന്നിട്ടെ പെട്ടെന്ന് ആരോധന വലിച്ചെടുത്ത പോലെ അതാ കണ്ണാടി ഉള്ളിലേക്ക് കാണാതായി ആള് നല്ലവനാ ഒരുപാട് സഹായം ചെയ്യുന്നവനാ സീനിയർ ഓഫീസറാണെന്നുള്ള ഒരു ചാടയും ജയൻസാറിനില്ല മൂന്നാം വട്ടവും അബോഷനായി ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ തിരിച്ചു വന്നതോടെ ആകെ തകർന്നുപോയി എൻറെ എഴുതും ഒരു രാത്രി ഒന്നിച്ച് ആത്മഹത്യ ചെയ്യാൻ വരെ ഞങ്ങൾ പ്ലാൻ ചെയ്തതാ പക്ഷേ അന്നൊക്കെ ജയൻസാറാ ഒരു ധൈര്യം തന്നത് യോഗാ ക്ലാസ്സിലും നീന്തൽ ക്ലബിലും പങ്കെടുക്കാൻ ഞങ്ങളെ നിർബന്ധിച്ചതും ഓരോ ആഴ്ചയിലും ഞങ്ങളെയും കൂട്ടി വൺ ഡേ ടൂറും ഓഹ് ജൻസാറില്ലായിരുന്നെങ്കില് ഞാനും എൽതോയും ഈ ടൌണിലെ വലിയ പള്ളിയില്ലേ അതിന്റെ സിമിത്തേരിയിലെ മാർബിൾ ഫലകങ്ങളിൽ കൊത്തിവെച്ച് വെറും രണ്ടു പേരുകൾ മാത്രമായനെ ജീസസ് പ്രോമിസ് ശരിയാ നമ്മുടെ കഷ്ടകാല സമയത്ത് ഓർക്കാപ്പുറത്ത് ചിലര് ദൈവങ്ങളെപ്പോലെ മുന്നിൽ വരും ജയൻസാറിനെ പോലെ പക്ഷേ ത്ര ഇഷ്ടല്ല മൂപ്പരെ അതെന്താ ചെല നേരത്ത് ചില ലോജിക്കില്ലായ്മകളുണ്ട് സാറിന് ചിലപ്പോൾ നമ്മുടെ കാര്യത്തില് ഓവർ ആങ്സൈറ്റി കാണിക്കും ഫ്ളാറ്റില് വന്നാല് രാത്രി വളരെ വൈകിയാലും തിരിച്ചു പോവാൻ കൂട്ടാക്കാതെ സംസാരിച്ച് ബോറടിപ്പിക്കും എൽദോക്ക് അതൊന്നും അത്ര ഇഷ്ടല്ല ഈ ജയൻ സാറ് സത്യത്തിലെ ആളെങ്ങനാ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ എനിക്കങ്ങനെ കൃത്യമായിട്ട് ആളെ മനസ്സിലായിട്ടൊന്നുമില്ല ചില നേരത്തെ നോട്ടവും ചീരിയും അത്ര പന്തിയെല്ലാം തോന്നാറുണ്ട് ഓഫീസില് വെച്ചും മറ്റും അറിയാതെ ചില മേത്തുമുട്ടലും തട്ടലുമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോ ഒരു പേടിയും തോന്നും പക്ഷേ നമുക്ക് ഉറപ്പിക്കാം വയ്യ വാസന്തി അദ്ദേഹത്തെ പറ്റി അങ്ങനൊരു ചീത്തപ്പേരില്ല ചെലപ്പോ നമ്മുടെ പേടികൊണ്ട് തോന്നണതാവും ഏതായാലും എൽദോ മാഷിന് നീരസുള്ള സ്ഥിതിക്ക് അധികം അടുക്കാൻ നിക്കണ്ട ഒന്ന് സൂക്ഷിക്കണത് നല്ലതല്ലേ ഞാനത്ര കാര്യക്കാറില്ല ഒന്നാമത് എന്റെ തലവിധി ഇതല്ലേ പിന്നെ ഇനി എന്തു സൂക്ഷിക്കാനമ്മോളെ ചത്ത തീർന്നില്ലേ എല്ലാം ചീഞ്ഞ കേസാവില്ലേ പക്ഷേ എന്തു പ്രശ്നമുണ്ടായാലും കുറ്റം പെണ്ണിനാണല്ലോ കണ്ടില്ലേ പത്രത്തില് തന്നെ മാനഭംഗം നടത്താൻ ശ്രമിച്ച പുരുഷനെ എതിരിട്ട പെണ്ണിന് ഒരു കയ്യെ ബദ്ധം ആള് കൊല്ലപ്പെട്ടു പക്ഷെ ഭരണകൂടം തൂക്കിക്കൊന്നില്ലേ ആ പാവം പെങ്കുച്ചിനെ കലികാലെന്നൊക്കെ പറയണത് ഇതാ ആരെങ്കിലും മറുത്തൊരു വാക്കു പറയാനുണ്ടായോ മോളിൻറെ നീനു അവള് ട്യൂഷന് പോയതാ എന്നാ ഞാൻ പോണവഴിക്ക് അവളെ കയറി കണ്ടോളാം ഒരു ദിവസം അവളെ കണ്ടില്ലെങ്കിൽ ഉറങ്ങാൻ പറ്റാതായിട്ടോ എനിക്ക് അപ്പോ ഇനി വൈകുന്നില്ല ബൈ ഞാനതങ്ങോട്ട് പറയാൻ വരികയായിരുന്നു ഒക്കെ തോന്നലുകളാ ഹരി ആദ്യമൊക്കെ ഞാനും അങ്ങനെ വിശ്വസിച്ചത് ആരും കാണാതെ ഞാൻ ആ നിലക്കണ്ണാടിയുടെ മുന്നിൽ ചെന്നു പരിശോധിച്ചു അസാധാരണമായിട്ടൊന്നും കണ്ടില്ല ആരെങ്കിലും മുറിക്കുള്ളിലേക്ക് വരുന്നുണ്ടോ എന്ന് ഒരു നേർത്ത ശബ്ദം കേട്ടു എവിടുന്നാണീ ശബ്ദമെന്ന് തിരഞ്ഞപ്പോ എന്ത് എൽദോ ഞാൻ ഞെട്ടിപ്പോയി നിലക്കണ്ണാടിയുടെ തെളിഞ്ഞ പ്രതലത്തിൽ നിന്ന് പൂച്ച കരയും പോലെ ഒരു നേർത്ത ശബ്ദം എന്റെ കാതിൽ വന്നടിച്ചു ആ കണ്ണാടിക്കപ്പുറം ഒരു ലോകമുള്ളതുപോലെ അവിടെ നിന്നാണ് ഈ ശബ്ദം വരുന്നതെന്ന് പോലും തോന്നിപ്പോയി തൊട്ടുനോക്കാൻ ഒരു പേടി തൃതിയിൽ ഞാൻ അമ്മയുടെ മുറിയിൽ പുറത്തേക്കിറങ്ങി തന്നെ വിശ്വസിക്കാതിരിക്കുന്നതെങ്ങനെ പക്ഷേ കേട്ടിട്ടാകപ്പാടെ ഒരു പന്തിയില്ലായ്മ എനിക്ക് ആ കണ്ണാടി ഒന്ന് കാണണം തൊട്ടു നോക്കണം തമ്പുരൻ സാറ് ആള് പണ്ടേ ഒരു പ്രശ്നക്കാരനാ ഒരു വട്ടുകേസ് അങ്ങേരെ മന്ത്രവാദമാ കാണിച്ചു വെച്ചിരിക്കുന്ന ആർക്കറിയാം പക്ഷേ എനിക്ക് പേടിയില്ലാട്ടോ എന്റെ കഴുത്തേലേ ഈ കൊരിശുണ്ട് നീ വരൂ ചിലപ്പോ അമ്മ നല്ല ഉറക്കത്തിലാവും ൂർ മുമ്പ് ഞാൻ കണ്ടതാ അച്ചമ്മ നിലക്കണ്ണാടിക്ക് മുങ്ങി നിന്ന് ഒറ്റയ്ക്ക് ആരോടാ വർത്താനം പറയണു ഞാൻ ചോദിച്ചപ്പോ പറയാ കുറെ കാലം മോൾക്ക് മനസ്സിലാവും അച്ചമ്മ ആരോടാ സംസാരിച്ചതെന്ന് അതും പറഞ്ഞ് അച്ചമ്മ കണ്ണടച്ചൊറങ്ങണ പോലെ കിടന്നു ഇപ്പൊ ഞാൻ വീണ്ടും തിരക്കി ചെന്നപ്പോ എന്റെ പ്രിയപ്പെട്ട മകനും ഭാര്യയും മക്കളും വായിച്ചറിയുന്നതിന് ആർക്കും ഒരു ഭാരമാകാതെ അമ്മ പോകാണ് മക്കളെ എങ്ങോട്ടൊന്നും തിരക്കേണ്ട ഹരിയുടെ അച്ഛൻ മരിച്ച ശേഷം ഇത്ര അമ്മ ആർക്ക് വേണ്ടിയാണോ ജീവിച്ചത് ആരൊക്കെയാണോ സ്നേഹിച്ചത് അവരെല്ലാം ഇനി അമ്മയുടെ ജീവിതത്തിനും സ്നേഹത്തിനും അതീതരായി കഴിഞ്ഞു അമ്മയുടെ കർത്തവ്യം ഇവിടെ അവസാനിച്ചുവെന്ന് അമ്മയ്ക്ക് തീർച്ചയായി തമ്പുരാൻ സാറ് തന്ന ആ നിലക്കണ്ണാടി അമ്മയ്ക്ക് എല്ലാംളിവാ എല്ലാ സൗകര്യവും ഒരുക്കി വച്ചിട്ടും ക്ഷീരീകരിച്ച തടവറ പോലെ തോന്നുന്ന ഈ ഫ്ലാറ്റിലെ മുറിയും നഷ്ടപ്പെട്ട ഗ്രാമ ചൈതന്യവും അമ്മയെ ഇനി അലട്ടില്ല അമ്മ യഥാർത്ഥത്തിലുള്ള ഇടം കണ്ടെത്തിക്കഴിഞ്ഞു യാത്രകൾക്ക് മുടുവിൽ എല്ലാവരും എത്തേണ്ട ഇടം ഈ ലോകത്ത് അമ്മ ഇപ്പോൾ പൂർണ്ണമായും തൃപ്തയാണ് ഹരി അമ്മയ്ക്ക് മോനോട് ഒരു അപേക്ഷയേ ഉള്ളൂ പഴയ വസ്തുക്കൾ വിൽക്കാൻ കൊടുക്കുന്ന കൂട്ടത്തിൽ ആ നിലക്കണ്ണാടി കൊടുക്കരുത് അത് തിരിച്ചറിവിന്റെ കണ്ണാടിയാണ് മക്കൾ വലുതാകുമ്പോൾ നിനക്കും അതുപകാരപ്പെടും അമ്മയുടെയും തമ്പുരാൻ സാറിൻ്റെയും പ്രായത്തിലെ നിനക്കത് ബോധ്യപ്പെടും ആവശ്യം വരും കുഞ്ഞുങ്ങളോട് ആ നിലക്കണ്ണാടിയെ വെറുക്കാൻ പറയരുതേ അതവരുടെ കളിത്തോഴനാണ് നഷ്ടപ്പെട്ട പൂച്ചയും അച്ചമ്മയും അടക്കം അവരിൽ നിന്നും ഓടിയകന്നതെല്ലാം വാസ്തവത്തിൽ ബാല്യവും കൗമാരവും യൗവനവും വാർദ്ധക്യവും ഒക്കെയാണെന്ന് അവരെ പറഞ്ഞ് പഠിപ്പിക്കാൻ വാസന്തിയോടും പറയൂ സ്നേഹത്തോടെ എല്ലാവരുടെയും നളിനി ടീച്ചർ എന്റെ അമ്മയെ ഹലോ അതെ എൽദോയാണ് ഓ ശരി സർ ഓക്കെ സാർ ഉടനെ എത്താം സാർ ഇല്ല സാർ ഒട്ടും വൈകില്ല സാർ എനിക്ക് ഉടനെ പോണം ഉടൻ തന്നെ ഈ സമയത്ത് നീയും പോകാതെ പറ്റുമോടാ തികച്ചു ഒഫീഷ്യലായി കോളാ സോറി സോറി ഡാ പ്ലീസ് ഹലോ ആ ആരാണ് ഹലോ ഹരേ ഞാനാണോ തമ്പുരാൻ സാറ് എവിടുന്നാന്ന് ചോദിച്ചാൽ ചരട് പൊട്ടിയ പട്ടത്തിന് ഹിന്നയിടമെന്ന് പറയാൻ കഴിയുമോ പക്ഷേ ഞാൻ ഉള്ളിടത്തൊക്കെ നിങ്ങളുമുണ്ട് നീയും കുടുംബവും നമ്മുടെ സന്ധ്യകളും നടന്നലഞ്ഞ നഗരത്തിന്റെ മണവും എല്ലാം പിന്നെ അമ്മയുടെ വിശേഷങ്ങൾ പത്രത്തിൽ നിറഞ്ഞു എന്റെ ദുഃഖം അറിയിക്കുന്നു ദുഃഖമല്ല സോറി സന്തോഷം സാറേ ഹരി ഒന്നുകൊണ്ടും ഷമിക്കരുത് ഹരിയുടെ നന്മയും അറിവില്ലായ്മകളും അമ്മയ്ക്ക് മനസ്സിലാകും എല്ലാവരോടും പൊറുക്കാൻ അമ്മമാർക്കല്ലേ കഴിയൂ ഡോൺ പറഞ്ഞ ദുരന്തം സാററിഞ്ഞോ ഇല്ല എന്താ നമ്മുടെ എൽദോ രണ്ടു മാസം മുമ്പ് ഒരു ആക്സിഡന്റിന് മരണപ്പെട്ടു കുറച്ചു ദിവസം ഞങ്ങൾക്കൊപ്പം നിന്നിട്ട് മേഴ്സിക്കുട്ടി അവളുടെ ഗ്രാമത്തിലേക്ക് തിരിച്ചുപോയി മക്കളില്ലാത്തതുകൊണ്ട് ജീവിതത്തിൽ അവളാകെ ഒറ്റപ്പെട്ടു പോയി സാറേ പാവ മേഴ്സിക്കുട്ടിയോ അതെ ഓഹോ അപ്പോ കഴിഞ്ഞയാഴ്ച ഞാൻ കണ്ടത് അവളെ ആവില്ല അവളുടെ സീനിയർ ഓഫീസർ ഒരു ജയനുണ്ടല്ലോ ആ ധനികൻ മൂപ്പരുടെ കാറിൽ അണഞ്ഞൊരുങ്ങി ചിരിച്ചുല്ലസിച്ച് കണ്ടപ്പോ മേഴ്സിക്കുട്ടിയാണെന്നാണ് എനിക്ക് എൽദോയെ കുറിച്ച് ഓർത്ത് അല്പം ദുഃഖിക്കുകയും ചെയ്തു മനസ്സ് എന്റെ തെറ്റ പ്രായത്തിന്റെ ഓരോരോ പ്രശ്നങ്ങളെ കാണണ്ടാത്തതും കാണും അല്ല സാറെ വീട്ടിൽ കൊണ്ടു തന്നില്ലേ സാറിന്റെ ഭാര്യയുടെ ഓർമ്മക്കായി സൂക്ഷിച്ച ആ പഴയ എന്റെയോ എനിക്കോ എനിക്ക് ഭാര്യയോ ഹരിക്ക് എന്താ മനസ്സിന് താളം തെറ്റിയോ എന്തോ എന്തുപറ്റി അല്ല സാറ് എന്റെ വീട്ടിൽ വന്നില്ലേ ഒരു നിലക്കണ്ണാടി തരാൻ ഹരി എന്താ പ്രോബ്ലം താൻ കുടിച്ചിട്ടുണ്ടോ ഐ മീൻ ലിക്കർ സാറേ സാറൊന്ന് വന്നേ ഞാൻ ആകെ പ്രശ്നത്തിലാ എനിക്ക് എനിക്കെന്റെ വീട്ടിൽ പോകണം എന്റെ ഗ്രാമത്തില് ഞാനിവിടെ ഒറ്റപ്പെട്ടിരിക്കുക സാറ് ഹരി എന്തൊക്കെയായി പറയുന്നേ ഹലോ വാസന്തിട്ടല്ലേ ഹരി എനിക്കറിയില്ല സാറേ ഞാൻ ആ നിലക്കണ്ണാടി മുന്നിൽ നോക്കി നിൽക്കുവായിരുന്നു പക്ഷേ ഇപ്പോ ഞാനെവിടെയാന്ന് എനിക്ക് മനസ്സിലാവണില്ല ആരും കാണുന്നുമില്ല ചുറ്റും ഇരുട്ടാണ് എന്നൊന്ന് രക്ഷിക്കൂ സാറേ എന്നെ ഒന്ന് വിശ്വസിക്കും അഴലിന്നു മൃഗാദിജന്തുവിൽ പഴുതേറീടിലുമെത്തിയാ ദ്രുതം കഴിയാമധു മാനഹേതുവാരൊഴിയാത്താർട്ടി മനുഷ്യനേ വരൂ വാടക വീട്ടിലെ നിലക്കണ്ണാടി ശ്രീമൂലനഗരം പൊന്നൻ എഴുതിയ നാടകം സമാപിക്കുന്നു കഥാപാത്രങ്ങളും അഭിനേതാക്കളും നളിനി എം തങ്കമണി വാസന്തി സി ജയലക്ഷ്മി ഹരി എം എൻ സൽവരാജ് എൽദോ മജോ റപ്പായി മേഴ്സിക്കുട്ടി വർഷ കണ്ണൻ തമ്പുരാൻ എം കെ കൃഷ്ണൻപൂറ്റി നീനുമോൾ വിധുപ്രിയ നവീൻ അനുവിന്ദൻ संविधान उमा उलक